അധ്യായം നാൽപ്പത്തിരണ്ട് അവതരിച്ചത് മുപ്പത്തി എട്ടാം സൂക്തത്തിൽ അഥവാ കൂടിയാലോചനയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും യുക്തിമാനുമായ അള്ളാഹു ബോധനം നൽകുന്നു അവനാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനാകുന്നു ആകാശങ്ങൾ അവയുടെ ഉപരിഭാഗത്തു നിന്ന് പൊട്ടിപ്പിളരുമാറാകുന്നു മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചു ഭൂമിയിലുള്ളവർക്കു വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു അറിയുക തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അവനു പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവരാരോ അവരെ അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു നീ അവരുടെ കാര്യത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനെ അല്ല وَكَذَٰلِكَ أَوْحَيْنَا إِلَيْكَ قُرْآنًا عَرَبِيًا لِي تُنذِرَ أُمَّا الْقُرَى وَمَنْ حَوْلَهَا وَتُنذِرَ يَوْمَ الْجَمْعِ لَا رَيْبَ فِيهِ فَرِيقٌ فِي الْجَنَّةِ وَفَرِيقٌ فِي السَّعِيرِ أَبْرَغَارَمْ نِنَكُّ نَعْمْ عَرَبِي بَا شَيْلُ اللَّهَ قُرْآنَ بَوْدَنَمْ ن ഉമ്മുൽക്കുറ അഥവാ മക്കയിലുള്ളവർക്കും അതിനു ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകുവാൻ വേണ്ടിയും സംശയരഹിതമായ സമ്മേളന ദിവസത്തെപ്പറ്റി നീ താക്കീത് നൽകുവാൻ വേണ്ടിയും അന്ന് ഒരു വിഭാഗക്കാർ സ്വർഗത്തിലായിരിക്കും മറ്റൊരു വിഭാഗക്കാർ കത്തിജ്വലിക്കുന്ന നരകത്തിലും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ എല്ലാം അവൻ ഒരേ സമുദായമാക്കുമായിരുന്നു പക്ഷേ ഉദ്ദേശിക്കുന്നവരെ തൻ്റെ കാരുണ്യത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നു അക്രമികളാരോ അവർക്ക് യാതൊരു രക്ഷാധികാരിയും സഹായിയുമില്ല അതല്ല അവർ അവനു പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ എന്നാൽ അള്ളാഹു തന്നെയാകുന്നു രക്ഷാധികാരി അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്ര നിങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരായിട്ടുള്ളത് ഏതു കാര്യത്തിലാവട്ടെ അതിൽ തീർപ്പു കൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹുവിനാകുന്നു അവനാണ് എന്റെ രക്ഷിതാവായ അള്ളാഹു അവന്റെ മേൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു അവങ്കിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു അവൻ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു കന്നുകാലികളിൽ നിന്നും ഇണകളെ അതിലൂടെ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു വർദ്ധിപ്പിക്കുന്നു അവനു തുല്യമായി യാതൊന്നുമില്ല അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവന്റെ അധീനത്തിലാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അവൻ വിശാലമാക്കുന്നു മറ്റുള്ളവർക്ക് അവൻ അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അറിവുള്ളവനാകുന്നു ോട് കൽപ്പിച്ചതും നിനക്ക് നാം ബോധനം നൽകിയതും ഇബ്രാഹിം മൂസ ഈസ എന്നിവരോട് നാം കൽപ്പിച്ചതുമായ കാര്യം നിങ്ങൾ മതത്തെ നേരാംവണ്ണം നിലനിർത്തുക അതിൽ നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക എന്ന കാര്യം അവൻ നിങ്ങൾക്ക് മതനിയമമായി നിശ്ചയിച്ചിരിക്കുന്നു ആ ബഹുദൈവ നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അവർക്ക് വലിയ ഭാരമായി തോന്നിയിരിക്കുന്നു താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തൻ്റെ അടുക്കലേക്ക് തെരഞ്ഞെടുക്കുന്നു طاळമയോടെ മടങ്ങുന്നവരെ അവങ്കലേക്കുള്ള മാർഗ്ഗത്തിൽ നയിക്കുകയും ചെയ്യുന്നു വമാതഫർഖു ഇല്ലാ മിൻ ബഅദിമാ ജാഅഹുമുൽ ഇൽമു ബഅദൈനഹും വലം ലകലിമത്തു സബഖത് മിർ റബ്ബിക ഇലാ അജലിൻ മുസ്മ്മ ലഖുദി ബൈനഹും പൂർവ്വേദക്കാർ ഭിന്നിച്ചത് അവർക്ക് അറിവ് വന്നുകിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ തമ്മിലുള്ള വിരോധം നിമിത്തമാണത് നിർണിതമായ ഒരു അവധി വരേക്ക് ഒരു വചനം നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് മുമ്പ് തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഉടനെ തീർപ്പുകൽപ്പിക്കപ്പെടുമായിരുന്നു അവർക്കു ശേഷം വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശം നൽകപ്പെട്ടവർ തീർച്ചയായും അതിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു ുംനവൈനും അതിനാൽ നീ പ്രബോധനം ചെയ്തു കൊള്ളുക നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നിലകൊള്ളുകയും ചെയ്യുക അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടർന്നു പോകരുത് നീ പറയുക അള്ളാഹു അവതരിപ്പിച്ച ഏത് ഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ നീതി പുലർത്തുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു തർക്കപ്രശ്നവുമില്ല അല്ലാഹു നമ്മെ തമ്മിൽ ഒരുമിച്ചു കൂട്ടും അവങ്കലേക്കാകുന്നു ചെന്നെത്താനുള്ളത് അള്ളാഹുവിൻ്റെ ആഹ്വാനത്തിന് സ്വീകാര്യത ലഭിച്ചതിന് ശേഷം അവന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരാരോ അവരുടെ തർക്കം അവരുടെ രക്ഷിതാവിങ്കൽ നിഷ്ഫലമാകുന്നു അവരുടെ മേൽ കോപമുണ്ടായിരിക്കും അവർക്കാണ് കഠിനമായ ശിക്ഷ അള്ളാഹു ആകുന്നു സത്യപ്രകാരം വേദഗ്രന്ഥവും തെറ്റും ശരിയും തൂക്കി നോക്കാനുള്ള തുലാസും ഇറക്കിത്തന്നവൻ നിനക്ക് എന്തറിയാം ആ അന്ത്യസമയം അടുത്തു തന്നെയായിരിക്കാം يستعجل بها الذين لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق ألا إن الذين يمارون في الساعة لفي ضلال بعيد آآ انت سميتل وشو سکاتا بر آديند قائرتل ال... ൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചവരാകട്ടെ അതിനെപ്പറ്റി ഭയവിഹ്വലരാകുന്നു അവർക്കറിയാം അത് സത്യമാണെന്നും ശ്രദ്ധിക്കുക തീർച്ചയായും അന്ത്യസമയത്തിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ വിദൂരമായ പിഴവിൽ തന്നെയാകുന്നു അള്ളാഹു തൻ്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു അവനാകുന്നു ശക്തനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ് വല്ലവനും ഇഹലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ് അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല അതല്ല അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ നിർണായക വിധിയെപ്പറ്റിയുള്ള കൽപ്പന നിലവിലില്ലായിരുന്നെങ്കിൽ അവർക്കിടയിൽ ഉടനെ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു അക്രമികളാരോ അവർക്ക് തീർച്ചയായും വേദനയേറിയ ശിക്ഷയുണ്ട് പരലോകത്തു വെച്ച് ആ അക്രമികളെ തങ്ങൾ സമ്പാദിച്ചു വെച്ചതിനെ പറ്റി ഭയചകിതരായ നിലയിൽ നിനക്കു കാണാം ആ സമ്പാദിച്ചുവെച്ചതിനുള്ള ശിക്ഷ അവരിൽ ഒന്നു ഭവിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്തോ അത് അവരുടെ രക്ഷിതാവിങ്കിൽ അവർക്കുണ്ടായിരിക്കും അതത്രെ മഹത്തായ അനുഗ്രഹം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നതത്രേ അത് നീ പറയുക അതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല അടുത്ത ബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹമല്ലാതെ വല്ലവനും ഒരു നന്മ പ്രവർത്തിക്കുന്ന അതിലൂടെ അവന് നാം ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറ്റവും നന്ദിയുള്ളവനുമാകുന്നു അതല്ല പ്രവാചകൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനുമേൽ അവൻ മുദ്ര വെക്കുമായിരുന്നു അള്ളാഹു അസത്യത്തെ മായ്ച്ചുകളയുകയും തൻ്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അറിവുള്ളവനാകുന്നു അവനാകുന്നു തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അവൻ ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പു നൽകുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അവൻ അറിയുകയും ചെയ്യുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ നൽകുകയും ചെയ്യും സത്യനിഷേധികളാവട്ടെ കഠിനമായ ശിക്ഷയാണവർക്കുള്ളത് അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു പക്ഷേ അവൻ ഒരു കണക്കനുസരിച്ച് താൻ ഉദ്ദേശിക്കുന്നത് ഇറക്കിക്കൊടുക്കുന്നു തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനും കണ്ടറിയുന്നവനുമാകുന്നു അവൻ തന്നെയാകുന്നു മനുഷ്യർ നിരാശപ്പെട്ടു കഴിഞ്ഞതിനു ശേഷം മഴ വർഷിപ്പിക്കുകയും തന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവൻ അവൻ തന്നെയാകുന്നു സ്തുത്യർഹനായ രക്ഷാധികാരി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ചു കൂട്ടുവാൻ കഴിവുള്ളവനാണ് അവൻ നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടു തന്നെയാണ് മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാനാവില്ല അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും സഹായിയും ഇല്ലതാനും മലകളെന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവൻറെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രീ സ്വബ് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തും അപ്പോൾ അവ കടൽ പരപ്പിൽ നിശ്ചലമായി നിന്നുപോകും തീർച്ചയായും അതിൽ ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആ കപ്പലുകളെ അവൻ തകർത്തുകളയും മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ തങ്ങൾക്ക് രക്ഷപ്രാപിക്കുവാൻ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കേണ്ടതിനുമാണത് നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാകുന്നു അള്ളാഹുവിന്റെ പക്കലുള്ളത് കൂടുതൽ ഉത്തമവും കൂടുതൽ നീണ്ടു നിൽക്കുന്നതുമാകുന്നു വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഫരമേൽപ്പിക്കുകയും ചെയ്തവർക്കുള്ളതത്രേ അത് മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാലും ൊറുക്കുന്നവരുമായിട്ടുള്ളവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്കും തങ്ങൾക്ക് വല്ല നേരിട്ടാൽ രക്ഷാനടപടി സ്വീകരിക്കുന്നവർക്കും ഒരു തിന്മയ്ക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മ തന്നെയാകുന്നു എന്നാൽ ആരെങ്കിലും മാപ്പു നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ആണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല താൻ മർദ്ദിക്കപ്പെട്ടതിനു ശേഷം വല്ലവനും രക്ഷാനടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളതും വല്ലവനും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു അള്ളാഹു ഏതൊരുവനെ വഴിപിഴവിലാക്കിയോ അവന് അതിനുശേഷം യാതൊരു രക്ഷാധികാരിയുമില്ല ശിക്ഷ കാണുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് വല്ല മാർഗവുമുണ്ടോ എന്ന് അക്രമകാരികൾ പറയുന്നതായി നിനക്കു കാണാം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 നിന്യതയാൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ട് അവർ നരകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് നിനക്കു കാണാം ഒളികണ്ണിട്ടായിരിക്കും അവർ നോക്കുന്നത് വിശ്വസിച്ചവർ പറയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങളും തങ്ങളുടെ സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരാരോ അവർ തന്നെയാകുന്നു തീർച്ചയായും നഷ്ടക്കാർ ശ്രദ്ധിക്കുക തീർച്ചയായും അക്രമികൾ നിരന്തരമായ ശിക്ഷയിലാകുന്നു അള്ളാഹുവിനു പുറമെ തങ്ങളെ സഹായിക്കുന്ന രക്ഷാധികാരികൾ ആരും അവർക്ക് ാക്കിയോ അവന് ലക്ഷ്യപ്രാപ്തിക്ക് യാതൊരു മാർഗവുമില്ല ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആ ദിവസത്തെ തടുക്കുക സാധ്യമല്ല അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനവും ഉണ്ടാവില്ല നിങ്ങൾക്ക് കുറ്റങ്ങൾ നിഷേധിക്കാനുമാവില്ല ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിൻ്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിൻ്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴതാ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാകുന്നു അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു وَمَا كَانَ لِبَشَرٍ أَن يُكَلِّمَهُ اللَّهُ إِلَّا وَحْيًا أَوْ مِن وَرَاءِ حِجَابٍ أَوْ مِن وَرَاءِ حِجَابٍ أَوْ يُرْسِلَ رَسُولًا فَيُوحِيَ بِإِذْنِهِ فَيُوحِيَ بِإِذْنِهِ مَا يَشَاءُ إِنَّهُ عَلِيمٌ حَكِيمٌ نَارِتُ اللهُ رُبُودَنَ مَنَ نِلَيْلَهُ ഒരു മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ടോ ഒരു ദൂതനെ അയച്ച് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് ആ ദൂതൻ ബോധനം നൽകുക എന്ന നിലയിലോ അല്ലാതെ അള്ളാഹു തന്നോട് സംസാരിക്കുക എന്ന കാര്യം യാതൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല തീർച്ചയായും അവൻ ഉന്നതനും യുക്തിമാനുമാകുന്നു مَا كُنْتَ تَدْرِيمَ الْكِتَابُ وَلَا الْإِيمَانُ وَلَاكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَنْ نَشَاءُ مِنْ عِبَادِنَا وَإِنَّكَ لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ أَبْرَغَارَمْ تَنَّي نِنَكُ نَامْ نَمُّدَ كَلْبَنَ يَعْلُ اُرُو چَيْدَنِّي وَتَّعَيَ سَمْنَيَشَمْ بَو വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്കറിയുമായിരുന്നില്ല പക്ഷേ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു അതു മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം വഴി കാണിക്കുന്നു തീർച്ചയായും നീ നേരായ പാതയിലേക്കാകുന്നു മാർഗദർശനം നൽകുന്നത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരുവെന്നുള്ളതാണോ ആ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ശ്രദ്ധിക്കുക അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ ചെന്നെത്തുന്നത്